മൂസ അലഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം എൻറെ ജനതയെ അള്ളാഹു സുബാനുഹുവറ്റായാലങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക അവൻ നിങ്ങളുടെ ഇടയിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും നിങ്ങളെ ഭരണാധികാരികളാക്കുകയും ലോകരിലെ മറ്റാർക്കും നൽകാത്തത് നിങ്ങൾക്ക് നൽകുകയും ചെയ്തു